വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നാം നല്ല സാക്ഷ്യങ്ങളും നാം കേട്ടു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഭയത്തിന് ആവശ്യമില്ല നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ കാരണം നമ്മുടെ ഹൃദയം ഏകാഗ്രമല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് പറ്റും കർത്താവ് നമ്മെ സഹായിക്കും നമ്മുടെ ഉള്ളത്തിൽ ധൈര്യവും ബലവും കർത്താവ് നമുക്ക് നൽകും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ഞാനും എനിക്കും എൻ്റെ ഉള്ളത്തിലും കർത്താവെ കൂടുതൽ അങ്ങയോട് അടുത്ത് അങ്ങയോടൊപ്പം നടക്കുന്ന ഒരു ജീവിതം അതാണ് എൻ്റെ ഭയങ്ങളെ നീക്കുന്നത് അതാണ് എനിക്ക് ആശ്വാസം പകരുന്നത് അതാണ് എന്നെ ശാക്തീകരിക്കുന്നത് ഞാൻ ഈ ഇന്നാണെന്ന് തോന്നുന്നു ഞാൻ അപ്പോസൽ പ്രവർത്തികളിൽ നിന്ന് ഈ വാക്യം വായിക്കുകയായിരുന്നു നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവർ വളരെ സാധാരണക്കാരായ ആളുകൾ പത്രോസ് യോഹന്നാൻ പക്ഷേ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ അവരെക്കുറിച്ച് പറയുന്നു അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു വളരെ ഭീഷണിയുടെയും ആളുകൾ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അവർ പത്രൂസിനെയും യുഹന്നാനേയും നോക്കിയപ്പോൾ അവർ ധൈര്യമായിരിക്കുന്നു ശാന്തമായിരിക്കുന്നു പക്ഷേ ഇവരൊരു പഠിപ്പില്ലാത്തവരാണ് സാമാന്യരായ മനുഷ്യരാണ് അവരാശ്ചര്യപ്പെട്ടു അതിൻ്റെ അടുത്ത് അടുത്തവരെ കുറിച്ച് പറയുന്നത് അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരായിരുന്നു അവരേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു അവരേശുവിനോടുകൂടെ അവരായിരുന്നു എന്നെയും അത് ഉത്സാഹിപ്പിച്ചു ഞാൻ യേശുവിനോടുകൂടെ ഞാനായിരിക്കുമ്പോൾ ഞാൻ യേശുവിനോടുകൂടെ ഞാൻ നടക്കുമ്പോൾ ഞാൻ യേശുവിനോടൊപ്പം യേശു എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ഞാൻ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ധൈര്യത്തോടെ പേടിക്കാതെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയും അങ്ങനെ ആ ധൈര്യം അവർ ലഭിച്ച ശേഷം നമ്മൾ കാണുന്നത് അവർക്ക് പെട്ടെന്നൊരു പരീക്ഷ വരുന്നു പതിനെട്ടാം വാക്യത്തിൽ അവരോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇനി അശേഷം സംസാരിക്കരുത് ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു കൽപ്പിച്ചപ്പോൾ അവർ പേടിച്ച് പിന്മാറിയില്ല അവരുടനെ പറഞ്ഞു പത്തൊമ്പതാം വാക്യം അതിന് പത്രോസും യോഹനാനം സാധാരണക്കാരായ ആളുകൾ ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുകയും ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു ഈ സാധാരണക്കാരായ ഈ ദൈവമക്കളുടെ വിശ്വാസം അവരുടെ ധൈര്യം അവരുടെ ഭയമില്ലായ്മ അത് എന്നെയും വെല്ലുവിളിക്കുന്നു നമ്മയും വെല്ലുവിളിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ ഭയത്തെ നീക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ പിശാജ് നമ്മെ ഭയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു പിശാജ് മാത്രമല്ല ഇന്ന് നാം ആയിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിലും നമ്മൾ കുറച്ചൊക്കെ പേടിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതൊരു ഈ പൂജയൊക്കെ നടത്തി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കുറിച്ചാണ് ഞാൻ വായിച്ചത് അദ്ദേഹം ത്തിൻ്റെ രീതി ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് ചെല്ലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ചായക്കടയിൽ കയറിയിരിക്കും അപ്പോൾ ഈ ചായക്കടയിൽ ഇങ്ങനെ കയറിയിരുന്ന് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വരുന്ന് സംസാരിക്കും സംസാരിക്കുന്നതൊക്കെ കേൾക്കും അപ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതിനടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അപ്പോൾ മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടും അപ്പോൾ ഉടനെ ഇദ്ദേഹത്തിന് മനസ്സിലായി അവിടെ അടുത്ത വീട്ടിൽ അവിടെ ഒരു അവിടുത്തെ ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു മകൻ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്തവനെപ്പോലെ ആ വീട്ടിലേക്ക് ചെന്നു ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തുവാനായിട്ട് ചെന്ന ഒരാളിനെപ്പോലെ അവിടെ ചെന്നിട്ട് അവരോടൊക്കെ സംസാരിച്ചു നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ ഒക്കെ ചോദിച്ചു നിങ്ങളുടെ ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ ഉണ്ട് അവരാകെ അപ്പം ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേനും അവരുടെ ഉള്ളത്തിൽ പേടി വന്നു അപ്പം ഇതിന് ഈ പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ട് ഞാനൊരു പൂജ നടത്തണം അപ്പോൾ പൂജ നടത്തണം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി അപ്പം അങ്ങനെ അതായത് ആളുകളുടെ മനസ്സിലേക്ക് പേടി കൊണ്ടുവരിക ആ പേടി കൊ അവരെ ഭരിക്കുക അവരെ ഭരിച്ച് അവരിൽ നിന്ന് പണം സമ്പാദിച്ച് അവരുടെ അവരുടെ സ്വാധീനത്തിലാക്കി മുമ്പോട്ട് പോവുക ഇത് ഒരു ഹൈന്ദവ പൂജാരിയെക്കുറിച്ചാണ് ഞാൻ വായിച്ചതെങ്കിലും പലപ്പോഴും എനിക്ക് എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇളയ സഹോദരൻ മരിച്ച് മരിച്ചു ഒരു ആക്സിഡൻ്റിലാണ് മരിച്ചത് മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പോൾ അന്ന് അന്ന് എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ വിവേചനമില്ല ഒരു പ്രവാചകൻ പ്രവാചകൻ വീട്ടിൽ വന്നിട്ട് അതൊരു ഒരു പ്രശ്നമുണ്ട് അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഏതായാലും അന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ലായിരുന്നെങ്കിൽ പോലും അന്ന് ഞങ്ങൾക്ക് അതിനോട് അതിനോടൊട്ടും യോജിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങൾ വെൽക്കം ചെയ്തില്ല എന്നാൽ ഇന്ന് പ്രിയസൂരി സൂരന്മാരെ നമ്മൾ അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് എങ്ങനെയെങ്കിലും ഒരു ഭയം ഉള്ളിൽ കൊണ്ടുവന്ന് ആളുകളെ സ്വാധീനിച്ച് അവരിൽ നിന്ന് പണം സ്വരൂപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സമൂഹത്തിൽ എന്നാൽ കർത്താവ് നമ്മുടെ ഭയത്തെ നീക്കിക്കളഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല കർത്താവെല്ലാം അറിയുന്നു എന്നെ സ്നേഹിക്കുന്നവനായ കർത്താവാണ് അപ്പോൾ ബ്രദർ ഈ നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അതോട് ചേർന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഞാനിരിക്കാനായിട്ട് ആഗ്രഹിക്കും ഗലാത്തി ലേഖനം രണ്ടാമധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് ഗലാത്തി ലേഖനം നമുക്ക് വളരെ പരിചയമുള്ള നാം എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് ഗിലാത്തി ലേഖനൻ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഞാൻ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു പലപ്പോഴും നമ്മുടെ ഭയങ്ങൾക്ക് മറ്റൊരു കാരണം ഞാൻ എന്നെ തന്നെ എനിക്കുള്ളത് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല ഞാൻ പൂർണ്ണമായി വിട്ടുകൊടുത്തിട്ടില്ല ഇപ്പോഴും ഞാൻ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ബോധ്യം എന്നിൽ നിലനിൽക്കുമ്പോൾ എൻ്റേത് നഷ്ടപ്പെടുമോ എൻ്റെത് എന്നെ വിട്ട് പോകുമോ എൻ്റെ ജോലി എനിക്ക് പോകുമോ എൻ്റെ സ്ഥാനം എനിക്ക് നഷ്ടപ്പെടുമോ ഈ വ്യക്തി അങ്ങനെ പെരുമാറി എന്നെ എന്നെ എനിക്ക് എനിക്ക് ഈ നഷ്ടം വരുമോ എൻ്റെ ഒരു ഒരു അസുഖം എന്ന് കേൾക്കുന്നു കുഞ്ഞിനൊരു അസുഖം എന്ന് കേൾക്കുന്നു ഉടനെ അതുതന്നെ പേടിയിലേക്ക് ഭയത്തിലേക്ക് ഞാനും ഞാനും അങ്ങനെ പേടിയും ഭയവും ആ രീതിയിലുള്ള പല സാഹചര്യങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം എന്നെയും പഠിപ്പിച്ചത് ഞങ്ങൾ കടന്നുപോയ ആ ഒരു തീശോളുടെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ദൈവം ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് ഇവിടെ എനിക്കുള്ളതെല്ലാം ഞാൻ യാകപിടത്തിലേക്ക് വയ്ക്കുക ദൈവം നൽകിയിട്ടല്ലാതെ എനിക്കൊന്നുമില്ല എൻ്റെ വീട് എൻ്റെ വസ്തു എൻ്റെ വാഹനം എൻ്റെ ഉള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ എല്ലാം ഞാൻ യാഗ പിഴത്തി വെച്ച് ഞാൻ എൻ്റെ സ്വയത്തെ തന്നെ ഞാൻ ആ രീതിയിൽ ഞാനല്ല ഇനി ക്രിസ്തുവാണ് ജീവിക്കുന്നത് എനിക്കുള്ളതെല്ലാം ഞാൻ യാഗപിടത്തിലേക്ക് വെച്ചു എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ വരുമ്പോൾ പിന്നെ നമുക്ക് എനിക്കിത് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പല പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഷെക്കൻ അമോൾക്ക് അന്ന് വെല്ലൂരിൽ ആശുപത്രിയിലായിരുന്ന സമയത്ത് അവൾക്ക് കിമോതെറാപ്പിയൊക്കെ നടക്കുന്ന സമയത്ത് അവൾക്ക് പേടിയുണ്ടായിരുന്നു അപ്പോൾ പേടിയുണ്ടായിരുന്നപ്പോൾ അങ്ങനെ പേടിയുമായിട്ട് ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളൊരു ദിവസം അവളോട് സംസാരിക്കാനായിട്ട് ഞങ്ങളപ്പം സംസാരിച്ചു അപ്പോൾ സംസാരിച്ച് ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചപ്പോൾ ഈ ഇബ്രാഹിം ലേഖനത്തിലെ ഈ വാക്യം അവളുമായിട്ട് പങ്കുവെച്ചു ഇബ്രാഹിം ലേഖന രണ്ടാമധ്യായത്തിലെ ആ വാക്യമാണ് നമുക്ക് പരിചയമുള്ള വാക്യം ഇബ്രാഹലിഹിന് രണ്ടാം അധ്യായം പതിനാലാം വാക്യം പതിനാലും പതിനഞ്ചും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു അവിടെ പറയുന്നത് യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂസിലെ മരണത്തിലൂടെ നമ്മുടെ രക്ഷ അവൻ സ്വായത്തമാക്കി നമുക്ക് രക്ഷയുണ്ട് എന്നാൽ അതുമാത്രമല്ല അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപന്തര്യന്തം ഈ മരണത്തിൻ്റെ ഭീതിയിൽ ഏ മരണത്തിൻ്റെ ഭീതിയിൽ ജീവിച്ച അടിമകളായിരുന്ന എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അവളോട് ചോദിച്ചു മോളെ ഇവിടെ പറയുന്നത് മരണഭയത്തിൽ നിന്ന് യേശു തൻ്റെ ക്രൂശിലെ മരണത്താൽ നമ്മെ വിടുവിച്ചു എന്നാണ് മോൾക്ക് ഈ പ പേടിയുണ്ടോ മരണ അവൾ ഉണ്ട് എനിക്ക് പേടിയുണ്ട് പക്ഷേ കർത്താവ് മരണഭയത്തിൽ നിന്നെ വിടുവിച്ചു കർത്താവ് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു മരണഭയത്തിൽ നിന്നെ വിടുവിച്ചു അപ്പോൾ അവൾക്കതൊരു വിശ്വാസമായിട്ട് വന്നു അവൾക്കൊരു വിശ്വാസമായിട്ട് വന്നിട്ട് അപ്പം അവൾ പറഞ്ഞു എനിക്ക് അതെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് കർത്താവ് അപ്പം ആ പേടി അവളിൽ നിന്ന് മാറി അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ അവൾ പറഞ്ഞു അപ്പം ഇപ്പോൾ എൻ്റെ ഈ പേടി മാറി ഈ പേടി മാറിയപ്പോൾ ഇപ്പം എനിക്ക് എല്ലാ പേടിയും പോയി ഇപ്പം എനിക്ക് എനിക്ക് ഒരു സ്വ സ്വസ്ഥതയുണ്ട് ഇപ്പം എനിക്ക് വേറെ ഭയങ്ങളില്ല അപ്പം നമ്മെ സംബന്ധിച്ചോളം പ്രിയമുള്ളവർ നമ്മൾ നമ്മുടെ സ്വന്തം ജീവന് നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ നമുക്കുള്ളതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് പേടിയുണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നാൽ നമ്മളിതിനെ അർപ്പണം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ യാഗപീഠത്തിൽ വയ്ക്കുമ്പോൾ നമ്മുടെ പേടി നമുക്ക് നഷ്ടബോധ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഞാൻ മരിക്കുമോ എന്നുള്ള പേടിയാണ് ഞാൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് മരിക്കുമോ എന്നുള്ള പേടി ഓൾറെഡി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഓൾറെഡി ഈ പിന്നെ എന്തിനാ എനിക്കത് വിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് താൻ പേടിക്കേണ്ടത് നമുക്ക് ആ രീതിയിലും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം അതോടൊപ്പം എനിക്ക് ദൈവം നൽകിയിട്ടുള്ളതെല്ലാം എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ വസ്തുക്കൾ എൻ്റെ പൈസ പലപ്പോഴും അതാണ് പലപ്പോഴും പേടി പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നു അപ്പോൾ എൻ്റെ ഇതെല്ലാം എന്തായിപ്പോവും കടലാ വെറും കടലാസായി മാറുമോ അല്ലെങ്കിൽ വെറും പേര് മാത്രമായി മാറുമോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഞാനിത് ഓൾറെഡി ഇത് ഏകപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ കൂടുതലൊന്നും നഷ്ടപ്പെടാനില്ല നമ്മെ സംബന്ധിച്ചോളം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം കൂടുതൽ ഏകാഗ്രമാകുവാനും നമുക്ക് കർത്താവിനോട് അപ്രകാരം കാര്യമുള്ളവരായി യേശുവിനോടൊപ്പം നടക്കുന്നവരായി നമുക്കുള്ളതെല്ലാം യാഗപീഠത്തിൽ വെച്ച് അപ്രകാരമുള്ളൊരു ജീവിതം ദൈവം എനിക്കും നമുക്കോരോരുത്തർക്കും ആ രീതിയിൽ ദൈവം നമുക്ക് നൽകട്ടെ നാം ജീവിക്കുന്ന ജീവിതം ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമീൻ